അവനവനെ തന്നെ ആദ്യം മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ടേ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അത്രയ്ക്ക് അഗാധമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് അവനവനെന്ന് പറയുമ്പോൾ ഈ ശരീരമോ വ്യക്തിയോ ഒന്നുമല്ല അതിൽ നിന്നും അതീതമായിട്ട് നമുക്ക് ഒരാളിനെ കണ്ടാൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നത് ഏത് ശക്തി ഒരു സാധനം കണ്ടാൽ അത് ഇന്ന സാധനമാണെന്ന് അറിയുവാൻ കഴിയുന്നത് ഏതുകൊണ്ടാണ് നാം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയുന്നതിന് ഏത് ശക്തിയാണ് സഹായകമാകുന്നത് ആ ശക്തിയാണ് നമ്മൾ പരമമായ ശക്തി എന്ന് പറയുന്നത് അത് ദൈവമെന്നും ആത്മാവെന്നും ബ്രഹ്മമെന്നും പല പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും ഇതെല്ലാം തൻ്റെ ഉള്ളിൽ തന്നെയുള്ള തന്നെ തന്നെ ബാധിക്കുന്ന ഒരു ശക്തിയാണ് അതാണ് ലോകത്തിലുള്ള ശക്തി അതാണ് പരമാത്മാവെന്നൊക്കെ പറയുന്നത് പല പേരിലും അറിയപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ആ ശക്തിയെ പറ്റി നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമേ ഈ ശാസ്ത്രം പഠിക്കുവാൻ വയ്ക്കുകയുള്ളൂ